അധ്യായം യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് ഇസ്രയേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ വേഷം ഒറ്റ നോക്കേണ്ടതിന് ആളുകളെ അയക്കാം അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കേണ്ട അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം അങ്ങനെ മോശ യഹോവയുടെ കൽപ്പനപ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു ആ പുരുഷന്മാരൊക്കെയും ഇസ്രയേൽ മക്കളിൽ തലവന്മാർ ആയിരുന്നിരുന്നു അവരുടെ പേർ ആവിൻ ഗോത്രത്തിൽ സക്കൂറിന്റെ മകൻ ഷമ്മുവാ ഷിമയോൻ ഗോത്രത്തിൽ ഹോരിയുടെ മകൻ ഷഫാപ്പ യഹൂദ ഗോത്രത്തിൽ യഫൂന്നയുടെ മകൻ കാലിൽ ഇസഖാർ ഗോത്രത്തിൽ യോസഫിന്റെ മകൻ ഈഗ്രൈം ഗോത്രത്തിൽ നൂന്റെ മകൻ കോശയ്യ ബെന്യാമിൻ ഗോത്രത്തിൽ രാഫുവിന്റെ മകൻ പൽത്തി സെബുലുൻ ഗോത്രത്തിൽ സോദിയുടെ മകൻ ഗദ്യ യോസഫിന്റെ ഗോത്രമായ മനശെ ഗോത്രത്തിൽ സൂസിയുടെ മകൻ ഗദ്ദി ദാൻ ഗോത്രത്തിൽ ഗമല്ലിയുടെ മകൻ അമ്മിയൻ ആഷിയർ ഗോത്രത്തിൽ മീഖായേലിന്റെ മകൻകൻ സെഫു നഫ്താലി ഗോത്രത്തിൽ ഒപ്സിയുടെ മകൻകൻ നഹ്ബി ഗാദ് ഗോത്രത്തിൽ മാഖിയുടെ മകൻകൻ ഗെയ്യ ദേശം ഒറ്റനോക്കുവാൻ മോശയായിട്ട പുരുഷന്മാരുടെ പേരുകൾ ഇവ തന്നെ എന്നാൽ മോശ നൂന്റെ മകനായ ഖോശയക്ക് യോശുവ എന്ന് പേരിട്ടു മോശ കനാൻ ദേശം ഒറ്റ നോക്കുവാൻ അവരെ അയച്ച് അവരോട് നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏതുവിധമുള്ളത് അതിൽ കൂടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ ചുരുക്കമോ അധികം അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ അതിൽ വൃക്ഷം ഉണ്ടോ ഇല്ല എന്നിങ്ങനെ നോക്കിയറിവേ നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരികയും എന്ന് പറഞ്ഞു അത് മുന്തിരിഞ്ഞ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു അങ്ങനെ അവർ കയറിപ്പോയി സ്വീൻ മരുഭൂമി മുതൽ ഹാമത്തിന് പോകുന്ന വഴിയായി രാഹോബ് വരെ അവർ തെക്കേശ് ഹെബ്രോനി അവിടെ അനാക്കിന്റെ പുത്രന്മാരായ അഹിമാനു ശേഷം ഉണ്ടായിരുന്നു ഹെബ്രോ മിസ്രൈമിലെ സോവാരിന് ഏഴ് സംവത്സരം മുമ്പേ ായിരുന്നു അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരി വള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി രണ്ടുപേർ കൂടി ചുമന്നു അവർ മാതളപ്പഴവുഴവും അത്തിപ്പഴവുഴവും കൂടെ കൊണ്ടുപോന്നു ഇസ്രയേൽ മക്കൾ അവിടെ നിന്ന് മുറിച്ചെടുത്ത മുന്തിരിക്കുല നിമിത്തം ആ സ്ഥലത്തിന് എസ്കോൽ താഴ്വര എന്നുപേരായി അവർ നാൽപ്പത് ദിവസം കൊണ്ട് ദേശം ഒറ്റ നോക്കിക്കഴിഞ്ഞ് മടങ്ങി വന്നു അവർ യാത്ര ചെയ്ത് പാറാൻ മരുഭൂമിയിലെ കാദിഷി മോശയുടെയും അഹരോന്റെയും ഇസ്രയേൽ മക്കളുടെ സർവ സഭയുടെയും അടുക്കൽ വന്ന് അവരോടും സർവസഭയോടും വർത്തമാനം അറിയിച്ചു ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു അവർ അവനോട് വിവരിച്ച് പറഞ്ഞതെന്തെന്നാൽ നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ അതിലെ ഫലങ്ങൾ ഇതാ എങ്കിലും ദേശത്തു പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും വയുമാകുന്നു ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു അമാലേക്ക് തെക്കേദേശത്ത് പാർക്കുന്നു ഹിത്യരും യബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു കനാന്യ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു എന്നാൽ കാലേ മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്ന് അത് കൈവശമാക്കുക അത് ജയിപ്പാ കഴിയും എന്ന് പറഞ്ഞു എങ്കിലും കൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രയേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്തെന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശം ആകുന്നു ഞങ്ങളവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാണോ അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടുണ്ടു ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെപ്പോലെ തോന്നി അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു